അധ്യായം ഇരുപത്തി അഞ്ച് അവന്റെ വാഴ്ചയുടെ ഒമ്പതാം ആണ്ടിൽ പത്താം മാസം പത്താം തീയതി ബാബേൽ രാജാവായ നെബൂഗദനേസ തന്റെ സർവ്വസൈന്യവുമായി യെരുഷലേമിന്റെ നേരെ വന്ന് പാളയമിറങ്ങി അതിനെതിരെ ചുറ്റും വാടകോലി സിദക്കിയ രാജാവിന്റെ പതിനൊന്നാം ആണ്ടുവരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു നാലാം മാസം ഒമ്പതാം തീയതി നഗരത്തിൽ ക്ഷാമം കലശലായി ദേശത്തെ ജനത്തിന് ആഹാരം ഇല്ലാത്ത പോയി അപ്പോൾ നഗരമതിൽ ഒരിടം പൊളിച്ച് കൽദയർ നഗരം വളഞ്ഞിരിക്കെ പടയാളികളൊക്കെയും രാത്രി സമയത്ത് രാജാവിന്റെ തോട്ടത്തിനരികെ രണ്ടു മതിലുകൾക്കും മധ്യേയുള്ള പടിവാതിൽ വഴിയായി രാജാവും അരാബയിലേക്കുള്ള വഴിയായി പുറപ്പെട്ടു പോയി എന്നാൽ കൽദയരുടെ സൈന്യം രാജാവിനെ പിന്തുടർന്നു എരിഹോ സമഭൂമിയിൽ വെച്ച് അവനോട് എത്തി അവന്റെ സൈന്യമൊക്കെയും അവനെ വിട്ട് ചിന്നിപ്പോയി അവർ രാജാവിനെ പിടിച്ച് റിബ്ലയിൽ ബാബേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു അവർ അവന് വിധി കൽപ്പിച്ചു അവർ സിദക്കിയാവിന്റെ പുത്രന്മാരെ അവൻ കാണിക്കെ കൊന്നു സിതക്കിയാവിന്റെ കണ്ണു പൊട്ടിച്ചിട്ട് രണ്ട് ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി അഞ്ചാം മാസം ഏഴാം തീയതി നബൂഗദനേസർ രാജാവെന്ന ബാബേൽ രാജാവിന്റെ പത്തൊമ്പതാം ആണ്ടിൽ തന്നെ ബാബേൽ രാജാവിന്റെ ഭൃത്യനായി അകമ്പടി നായകനായ നബുസരദാൻ യെരുഷലേമിൽ വന്നു അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളു യെരുഷ്ലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും അവൻ തീവച്ച് ചുട്ടുകളഞ്ഞു അകമ്പടി നായകനോടു കൂടെ ഉണ്ടായിരുന്ന കൽദയ സൈന്യമൊക്കെയും എരിശലേമിന്റെ ചുറ്റുമുള്ള മതിലുകളെ പിടിച്ചുകളഞ്ഞു നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനത്തെയും ബാബേൽ രാജാവിനെ ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നബു സരദാൻ കൊണ്ടുപോയി എന്നാൽ അകബടി നായകൻ ദേശത്തെ എളിയവരിൽ ചിലരെ മുന്തിരിത്തോട്ടക്കാരായിട്ടും കൃഷിക്കാരായിട്ടും വിട്ടച്ചുപോയി യഹോവയുടെ ആലയത്തിലെ താമ്രസ്തംഭങ്ങളും പീഠങ്ങളും യഹോവയുടെ ആലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും കൽദയർ കളഞ്ഞു അവയുടെ താമ്രം ബാബയിലേക്ക് കൊണ്ടുപോയി കലങ്ങളും ചട്ടുകങ്ങളും കത്രികകളും തവികളും ശുശ്രൂഷയ്ക്കുള്ള താമ്രോപകരണങ്ങളൊക്കെയും അവർ എടുത്തുകൊണ്ടുപോയി തീച്ചട്ടികളും കലശങ്ങളും പൊന്നും വെള്ളിയും കൊണ്ടുള്ളതൊക്കെയും അകമ്പടി നായകൻ കൊണ്ടുപോയി ശലോമോൻ ഈ ഹോവയുടെ രണ്ട് സ്തംഭം ഒരു കടൽ പീഡങ്ങൾ എന്നിങ്ങനെയുള്ള സകല ഉപകരണങ്ങളുടെയും ൂക്കമില്ലാതെയിരുന്നു ഒരു സ്തംഭത്തിന്റെ ഉയരം പതിനെട്ട് മുഴം അതിന്മേലുള്ള പോതിക താമ്രം കൊണ്ട് ആയിരുന്നു പോതികയുടെ ഉയരം മൂന്ന് മുഴം പോതികയുടെ ചുറ്റുമുള്ള വലപ്പണിയും മാതളപ്പഴവും ആ താമരം കൊണ്ടായിരുന്നു ഇതുപോലെ മറ്റു സ്തംഭത്തിനും വലപ്പണിയും മറ്റും ഉണ്ടായിരുന്നു അകമ്പടി നായകൻ മഹാപുരോഹിതനായ സെരായാവേയും രണ്ടാം പുരോഹിതനായ സെഫന്യാവേയും മൂന്ന് ഉമ്മരപ്പടി കാവൽക്കാരെയും പിടിച്ചുകൊണ്ടുപോയി നഗരത്തിൽ നിന്ന് അവൻ യോദ്ധാക്കളുടെ മേൽവിചാരകനായ ഒരു ഷണ്ണനെയും നഗരത്തിൽ വെച്ച് കണ്ടെത്തിയ രാജപരിചാരകന്മാരിൽ അഞ്ചു പേരെയും ദേശത്തെ ജനത്തെ പടയ്ക്ക് സ്വരൂപിക്കുന്ന സേനാപതിയുടെ രാസക്കാരനെയും നഗരത്തിൽ കണ്ട ദേശത്തെ ജനത്തിൽ അറുപത് പേരെയും പിടിച്ചുകൊണ്ടുപോയി ഇവരെ അകമ്പടി നായകനായ നെബുസരദാൻ പിടിച്ച് റിബ്ളയിൽ ബാബെൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു ബാബൽ രാജാവ് ഹമാത്ത് ദേശത്തിലെ റിബ്ളയിൽ വെച്ച് അവരെ വെട്ടിക്കൊന്നു ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ട് പോകേണ്ടി വന്നു ബാബേൽ രാജാവായ നബൂഗദനേസ്വർ യഹൂദദേശത്ത് ശേഷിപ്പിച്ചുവെച്ച ജനത്തിന് ഷാഫാന്റെ മകനായ അഹികാമിന്റെ മകനായ ബാബേൽ രാജാവ് ഗദല്യാവെ അധിപതിയാക്കിയെന്ന് നധന്യാവിന്റെ മകൻ ഇഷ്മയേൽ കാരേഹിന്റെ മകൻ യോഹാനാൻ നെതോഫാത്യനായ തൻഹൂമെത്തിന്റെ മകൻ സെരായാവോ മാഖാത്യന്റെ മകൻ യാസന്യാവോ എന്നിങ്ങനെ സകല സേനാപതികളും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസ്ബയിൽ ഗദല്യാവിന്റെ അടുക്കൽ വന്നു ഗദല്യാവ് അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്തവരോട് നിങ്ങൾ കൽദയരുടെ ദാസന്മാർ നിമിത്തം ഭയപ്പെടരുത് ദേശത്തുപാർത്ത് ബാബേൽ രാജാവിനെ സേവിപ്പീൻ അത് നിങ്ങൾക്ക് നന്മയായിരിക്കും എന്നാൽ ഏഴാം മാസത്തിൽ രാജവംശക്കാരനായ എലീഷയുടെ മകനായ നഥന്യാവിന്റെ മകനായ ഇഷ്മേൽ പത്താളുമായി വന്ന് ഗദല്യാവേയും അവനോടു കൂടെ മിസ്ബയിലുണ്ടായിരുന്ന യഹൂദ്യരെയും കൽദേയരെയും വെട്ടിക്കൊന്നു അപ്പോൾ ആബാലവൃദ്ധം ജനമുഖിയും സേനാപതിമാരും കൽതേരെ ഭയപ്പെടുകയാൽ എഴുന്നേറ്റ് പുറപ്പെട്ട് മിശ്രിലേക്ക് പോയി യഹൂദരാജാവായ യഹോയാക്കിന്റെ പ്രവാസത്തിന്റെ മുപ്പത്തിയേഴാം ആണ്ടിൽ പന്ത്രണ്ടാം മാസം ഇരുപത്തി ഏഴാം തീയതി ബാബെൽ രാജാവായ യവീൽ മെരോദക് താൻ രാജാവായ ആണ്ടിൽ യഹൂദ യഹോയാഖ്യനെ കടാക്ഷിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച് അവനോട് ആദരവായി സംസാരിച്ച് അവന്റെ ആസനത്തെ തന്നോടു കൂടെ ബാബേലിലുണ്ടായിരുന്ന രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വച്ചു അവന്റെ കാരാഗ്രഹവസ്ത്രം മാറ്റി അവൻ ജീവപര്യന്തം നിത്യം അവന്റെ സന്നദ്ധയിൽ ഭക്ഷണം കഴിച്ച് പോന്നു അവന്റെ അഹോവൃത്തിയോ രാജാവ്വന് അവന്റെ മരണദിവസം വരെ അവന്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തുപോന്നു